ം ഒൻപത് യഹോവ യാഗപീഠത്തിനു മീതേ നിൽക്കുന്നത് ഞാൻ കണ്ടു അവൻ അരുളി ചെയ്തത് എന്തെന്നാൽ ഉത്തരങ്ങൾ കുലുങ്ങുമാറ് നീ പോതികയെ അടിക്കാം അവ എല്ലാവരുടെയും തലമേൽ വീഴുവാൻ തക്കവണ്ണം തകർത്തുകളകാം അവരുടെ സന്തതിയെ ഞാൻ വാൾ കൊണ്ട് കൊല്ലും അവരിലാരും ഓടിപ്പോകയില്ല അവരിലാരും വഴുതിപ്പോകുകയുമില്ല അവർ പാതാളത്തിൽ തുരന്ന് കടന്നാലും അവിടെ നിന്ന് എന്റെ കൈ അവരെ പിടിക്കും അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ ഇറക്കും അവർ കർമ്മേലിന്റെ കൊടുമുടിയിൽ ഒളിച്ചിരുന്നാലും ഞാൻ അവരെ തിരഞ്ഞ് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരും അവർ എന്റെ ദൃഷ്ടിയിൽ നിന്ന് സമുദ്രത്തിന്റെ അടിയിൽ മറഞ്ഞിരുന്നാലും ഞാൻ അവിടെ സർപ്പത്തോട് കൽപ്പിച്ചിട്ട് അതവരെ കഠിക്കും അവർ ശത്രുക്കളുടെ മുമ്പിൽ പ്രവാസത്തിലേക്ക് പോയാലും ഞാൻ അവിടെ വാളിനോട് കൽപ്പിച്ചിട്ട് അതവരെ കൊല്ലും നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ട് തന്നെ ഞാൻ അവരുടെ മേൽ ദൃഷ്ടിവയ്ക്കും സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ദേശത്തെ തൊടുന്നു അത് ഉരുകിപ്പോകുന്നു പാർക്കുന്നവരൊക്കെയും വിലപിക്കും അത് മുഴുവനും നീലനദി പോലെ പൊങ്ങുകയും മിശ്രൈമിലെ നദി പോലെ താഴുകയും ചെയ്യും അവൻ ആകാശത്തിൽ തന്റെ മാളിക മുറികളെ പണികയും ഭൂമിയിൽ തന്റെ കമാനത്തിന് അടിസ്ഥാനം ഇടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നു യഹോവയെന്നാകുന്നു അവന്റെ നാമം ഇസ്രയേൽ മക്കളെ നിങ്ങൾ എനിക്ക് കൂശ്യരെ പോലെ അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ ഇസ്രയേലിനെ മിസ്രൈം ദേശത്തു നിന്നും ഫെലിസ്തേരെ കഫ്തോരിൽ നിന്നും കീറിൽ നിന്നും കൊണ്ടുവന്നില്ലയോ യഹോവിയായ കർത്താവിന്റെ ദൃഷ്ടി പാപമുള്ള രാജ്യത്തിന്മേൽ ഇരിക്കുന്നു ഞാൻ അതിനെ ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കും എങ്കിലും ഞാൻ യാക്കോബ് ഗ്രഹത്തെ മുഴുവനും നശിപ്പിക്കയില്ല എന്ന് യഹോവിയുടെ അരുളപ്പാട് അരിപ്പ കൊണ്ട് ഞാൻ ഇസ്രയേൽ ഗ്രഹത്തെ സകല ജാതികളുടെയും ഇടയിൽ അരിപ്പാൻ കൽപ്പിക്കും ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല അനർത്ഥം ഞങ്ങളെ തുടർന്നെത്തുകയില്ല എത്തിപ്പിടിക്കുകയുമില്ല എന്ന് പറയുന്നവരായി എന്റെ ജനത്തിലുള്ള സകല പാപികളും വാൾകൊണ്ട് മരിക്കും അവർ ഏതോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും എന്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന് വീണുപോയ ദാവിദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിന്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവന്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിൽ എന്ന പണിയുകയും ചെയ്യും എന്നാകുന്നു ഇതനുഷ്ഠിക്കുന്ന ഈ ഹോവിയുടെ അരുളപ്പാട് ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുടർന്നെത്തുകയും പർവ്വതങ്ങൾ പുതുവീഞ്ഞ പൊഴിക്കുകയും എല്ലാ കുന്നുകളും ഉരുകിപ്പോകുകയും ചെയ്യുന്ന നാളുകൾ വരുമെന്ന് ഈ അരുളപ്പാട് അപ്പോൾ ഞാൻ എന്റെ ജനമായ ഇസ്രയേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തും ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ അവർ പണിത് പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ വീഞ്ഞ് കുടിക്കുകയും തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും ഞാനവരെ അവരുടെ ദേശത്ത് നടും ഞാൻ കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനി പറിച്ചു കളയുകയുമില്ല എന്ന് നിന്റെ ദൈവമായ ഹോവ അരുളി